അധ്യായം അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി അപ്പോൾ ഇസഹാക്ക് ഗരാരിൽ ഫിലിസ്തീറുടെ രാജാവായ അബിമേലേക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളി നീ മിശ്രമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക് ഈ ദേശത്ത് താമസിക്കാം ഞാൻ നിന്നോടു കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അബ്രഹാം എന്റെ വാക്കുകേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഇസഹക്ക് ഖരാരിൽ പാർത്തു ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൾ എന്റെ സഹോദരിയെന്ന് പറഞ്ഞു റെബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എന്റെ ഭാര്യ എന്ന് പറയാൻ അവൻ ശങ്കിച്ചു അവൻ അവിടെ ഏറെക്കാലം പാർത്ത ശേഷം ഫിലിസ്തീനയുടെ രാജാവായ അബിമേലേഖ് കിളിവാതുക്കൽ കൂടി നോക്കി ഇസഹാക്ക് തന്റെ ഭാര്യയായ റബേക്കയോടുകൂടെ വിനോദിക്കുന്നത് കണ്ടു അബിമേലേഖ് ഇസഹാക്കിനെ വിളിച്ചു അവൾ നിന്റെ ഭാര്യയാകുന്നു നിശേർ പിന്നെ എന്റെ സഹോദരിയെന്ന് നീ പറഞ്ഞതെങ്ങനെ എന്ന് ചോദിച്ചതിന് ഇസഹക്ക് അവനോട് അവളുടെ നിമിത്തം മരിക്കാതിരിപ്പാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അബിമെലേഖ് നീ ഞങ്ങളോട് ഈ ചെയ്തത് ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്നു പറഞ്ഞു പിന്നെ അബിമെലേഖ് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയെയോ തൊടുന്നവന് മരണശിക്ഷയുണ്ടാകുമെന്ന് സകല ജനത്തോടും കൽപ്പിച്ചു ഇസഹക്ക് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ മേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ച് വർധിച്ച് മഹാധനവാനായി തീർന്നു അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്തർക്ക് അവനോട് അസൂയ തോന്നി എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു അബിമെലേ ഇസഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു അങ്ങനെ ഇസഹാഖ് അവിടെ നിന്ന് പുറപ്പെട്ടു ഗരാർ താഴ്വരയിൽ കൂടാരമടിച്ചു അവിടെ പാർത്തു തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു തന്റെ പിതാവ് അവക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച് നീരൊറവുള്ള ഒരു കിണറ് കണ്ടു അപ്പോൾ ഗരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറ്റിന് യേശ് എന്നു പേർ വിളിച്ചു അവർ മറ്റൊരു കിണറ് കുഴിച്ചു അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടതുകൊണ്ട് അവൻ അതിന് സിത്ന എന്നു പേർ വിളിച്ചു അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണറ് കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവനതിന് രഹോബോത് എന്ന് പേരിട്ടു അവിടെ നിന്ന് അവൻ വേർഷബക്ക് പോയി അന്നു രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് ഉണ്ട് എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു അവിടെ അവൻ ഒരു യാക്കപീഠം പണുതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ തന്റെ കൂടാരമടിച്ചു അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണറ് കുഴിച്ചു അനന്തരം അബിമേലേക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീകോലും ഗരാരിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നു ഇസഹാക്ക് അവരോട് നിങ്ങൾ എന്തിന് എന്റെ അടുക്കൽ വരുന്നു നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അതിനവർ ഈ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു അവൻ അവർക്ക് ഒരു വിരുന്നൊരുക്കി അവർ ഭക്ഷിച്ച് പാനം ചെയ്തു അവർ അധികാലത്ത് എഴുന്നേറ്റു തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസഹാക്ക് അവരെ യാത്രയച്ചു അവർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി ആ ദിവസം തന്നെ ഇസഹാക്കിന്റെ ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറ്റിന്റെ വസ്തുത അവനെ അറിയിച്ചു ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അവനതിന് ശിബ എന്ന് പേരിട്ടു അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്നുവരെ ബർഷെബു പേർ യേശാവിന് യസായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്യനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ഇവർ ഇസഹാക്കിനും റബേഖയ്ക്കും മനോവ്യസന കാരണമായിരുന്നു